സ്വരത്തെ കേൾക്കുന്നേ നമ്മേ ഗുരുപര ഗുരുപര ആഹാരയേ സേവനം സേവനം സേവനം സേവനം യോഗാഷ്ടമുക്ഷത്രയോദശസ്രെട്ടോദി ഇന്ദ്രജാലാവസാപല ഉസൃജ്യ പൂർണ്ണമേ വിരാജയ പൂർവം എംവാം ഞാൻ ഊഹിക്കുന്ന പണം പൂർണ്ണം എന്നാണ് പൂർവവും തമ്മിൽ മാറുന്നതിന് വലിയ വ്യത്യാസം പൂർവം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അർത്ഥമാണ് പൂർണ്ണം എന്നു പറഞ്ഞാൽ അതിലർത്ഥം അർത്ഥമാണ് സീരി പ്രിൻഡിങ് മിസ്റ്റേക്കൊക്കെ വരാറുണ്ട് പക്ഷെ പൂർവം വ്യാഖ്യാനം അങ്ങനൊന്നിട്ട് ചിലർക്കെ നമ്മൾ കോമൺ സെൻസ് ഉപയോഗിക്കുന്ന ഒരു ഈ പറയുന്ന സന്ദർഭം അനുസരിച്ച് ഓർണ്ണ മേഖല ന്യൂനതങ്ങളൊന്നുമില്ല ശോഭിക്കുന്നു ഇതുവരെ പറഞ്ഞാൽ ഒരു വയ്ക്കപ്പെട്ടവർ എന്താണ് പരിസ്ഥിതി സമസ്തയോഗം മനോമധുരവൃദ്ധിമൻ സർവതസുഖം അഭ്യേരി സന്തോഷത്തെ സമാധാനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവൻ അവൻ ന്യൂനതകളൊന്നുമില്ലാതെ പൂർണ്ണനായി ശോഭിക്കുന്നു നഗരോ ഇന്ദ്രജാലങ്ങളൊന്നും പ്രദർശിപ്പിക്കുന്നു ഇതെല്ലാം ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടെ ഇവിടെ ചേർക്കണം എന്തായാലും മനസ്സിലാക്കണം കുറുവന്തി ആയാതി ഇങ്ങനെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സർവദേവന്തി കുടുംബന്തി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടാണ് വളർ പറയുന്നത് നഗരോ ഇന്ദ്രജാലം ഇന്ദ്രജാലങ്ങളെന്ന് പറയുന്നത് പ്രധാനമായ പറയുന്നത് അപ്പോ അങ്ങനെയുള്ള സിദ്ധികളൊന്നും പ്രദർശിപ്പിക്കുന്നില്ല സിദ്ധികൾ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയും ജനങ്ങളോഷിക്കുമ്പോൾ ഈ പറയുന്ന പൂർണതയ്ക്ക് അതാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടെ പറയുന്ന അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആ പൂർണതയെ വിചാരിക്കണം ന്യൂനത എന്ന് പറയുമ്പോൾ ഇത്രജാലങ്ങളൊന്നും പ്രദർശിപ്പിക്കുന്ന സിദ്ധികളൊന്നും പ്രദർശിപ്പിക്കുന്നില്ല സു പ്രദർശിപ്പിക്കാതിരിക്കുമ്പോൾ ആരും അടുക്കത്തില്ല ആരും അടുക്കാതിരുന്ന കേവലം വ്യക്തിനിഷ്ഠമായ സ്വാർത്ഥനിഷ്ഠമായ ആത്മീയതയും അയാൾ ആത്മനിഷ്ഠനായി അയാൾ സന്തുഷ്ടനായി സന്തുഷ്ട സതത സിദ്ധികളൊക്കെ പ്രദർശിപ്പിച്ചാൽ ബുദ്ധിമുട്ടുകളാണ് അപ്പൊ ആൾക്കാർ കൂടുന്നതനുസരിച്ച് ആൾക്കാരുടെ പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യും മനസ്സ് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യും ആത്മചിന്ത സമയം കിട്ടാതെ ഞാനി വേറൊരു ഭാഗത്ത് പറയും രാജ്യം ഭരിച്ചാൽ അത്രയും വളരെ പ്രയാസമുള്ള കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാലും അയാളൊന്നും ബാധിക്കുന്നില്ല എന്നും പറയും ഇതൊക്കെ വ്യക്തി എന്നിഷ്ടമാണ് ചില വ്യക്തികൾക്ക് അതായിരിക്കും അനുകൂലമായിരിക്കുന്നത് അങ്ങനെ രാജ്യം ഭരിച്ചാലും അവരൊന്നും ബാധിക്കുന്നില്ല ചിലർക്കങ്ങനെ അല്ല ജനസംസർഗം മറ്റ് പ്രവർത്തനങ്ങളൊക്കെ അവരുടെ സന്തോഷത്തെ നശിപ്പിക്കും രണ്ട് രണ്ട് രണ്ട് തലത്തിലുള്ള രണ്ട് തരം വ്യക്തിത്വങ്ങളെ ഉദ്ദേശിച്ചു രണ്ട് പേഴ്സണാലിറ്റിയെ ഉദ്ദേശിച്ച് പറയും എന്ന് മനസ്സിലാക്കാറുണ്ട് ഇത് രണ്ടും കൂടെ പറയുന്നു സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങി ജീവിക്കുന്നവരെ കുറിച്ചും സമൂഹം മധ്യത്തെ ജീവിക്കുന്നവരെക്കുറിച്ചും പറയും എന്തായാലും ഒരു മനുഷ്യനും രണ്ടും സത്യം ചിലർക്ക് സൗകര്യം സമൂഹത്തിൽ നിന്ന് പിൻവാങ്ങേ ജീവിക്കുക അവരോരത്തിലുള്ള ഇന്ദ്രജാലങ്ങളും പ്രദർശിപ്പിക്കും ഇനി ഇന്ദ്രജാലങ്ങൾ പ്രദർശിപ്പിക്കുക സദ്യകളെ സംബന്ധിച്ചാണെങ്കിൽ അതുകൂടെ ആവർത്തിച്ച് ആവേശ സമൂഹത്തിന്റെ മധ്യത്തിൽ ജീവിച്ച് സമൂഹത്തിന് നിന്മയൊക്കെ ചെയ്യുന്നവനാണെങ്കിലും ആത്മീയ സിദ്ധികളെ പ്രദർശിപ്പിക്കരുതെന്ന് പറയുന്നു അത് പ്രദർശിപ്പിക്കുന്ന ദോഷം അത് ഒരുപാട് ആത്മീയ വ്യതിചലനങ്ങൾ ഉണ്ടാക്കും അത് അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ സിദ്ധികളെന്ന് പറയുന്നത് അലൗകികമായ ശക്തി വിശേഷങ്ങളാണ് അലൗകികമായ പറയുമ്പോൾ അനന്യസാധാരണമായ വെച്ചാൽ സാധാരണ വ്യക്തികൾക്കില്ലാത്തതായ വിശേഷമായ ശക്തികളൊക്കെ ഉണ്ടാകും അങ്ങനെ വിശേഷമായ ശക്തികളൊക്കെ ഉണ്ടാവുമ്പോൾ അതൊക്കെ പ്രകടിപ്പിക്കാനും പ്രദർശിപ്പിക്കാനും പ്രയോഗിക്കാനും ഒക്കെ ഒരു താല്പര്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് രാവണനെ പോലെ വഴിയേറ്റിപ്പോകും രാവണനും അലൗകികമായ ശക്തികളൊക്കെ തപസ്സിലൂടെ ഉണ്ടായാലാണ് പക്ഷെ കഥയിൽ പറയുന്ന എന്താണ് അത് ദുരുപയോഗം ചെയ്ത ഒരു കഥാപാത്രമായിട്ടാണ് അപ്പം അങ്ങനെയുള്ള ദുരുപയോഗങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത അതുകൊണ്ട് ആത്മീയ സിദ്ധികളെ പ്രദർശിപ്പിക്കരുത് ഇനി വേണമെങ്കിൽ ലോകത്തിന് നന്മ ചെയ്യാം ലോകത്തെ അനുഗ്രഹിക്കുന്നതിന്റെ ലോകത്തിന് നന്മയാണ് അനുഗ്രഹ മനസ്സ് അപ്പം മാത്രം മതി ലോകത്തിന് നന്മ എന്നും പറയുന്നു അതിനുവേണ്ടി ശ്രദ്ധകളെ പ്രദർശിപ്പിച്ച് ആൾക്കാരെ ആകർഷിക്കരുത് എന്ന് യോഗശാസ്ത്രത്തിലും പറയും യു ഡി പലഭാഗങ്ങളിലും പറയും അതുകൊണ്ടെന്താണോ ശാന്തി സമാധാനമൊക്കെ ആഗ്രഹിച്ച് സ്വാത്മാ രാമനായി തന്നിൽ തന്നെ ആരംഭിക്കും കർമ്മങ്ങളിലൊന്നും ആനന്ദിക്കാൻ താൻ ചെയ്യുന്ന പ്രവൃത്തികളെ ആനന്ദിക്കരുത് അങ്ങനെയുള്ള ഒരു ഇന്ദ്രജാലം ഒന്നും പ്രദർശിപ്പിക്കരുത് എന്നൊരുപദേശം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പറയും നാനുധാവതി വാസന ഇത് അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാസനയെ പിന്തുടരുത് എന്ന് വാസന എന്ന് പറയുമ്പോൾ സദ്വാസനകൾ മനുഷ്യനും ഉണ്ടാവും അതുപോലെ തന്നെ ദുർവാസനകളുണ്ടാവും രണ്ടും ഉണ്ടാവും ഒരാൾ വാസനയെ പിന്തുടരുമ്പോ േതുവാസനെ പിന്തുടരും സത്വാസനെ പിന്തുടരുന്ന പോലെ തന്നെ ദുർവാസനകൾ കിടക്കും ഒളിഞ്ഞുകിടക്കും ഒരുപാട് സാധനയൊക്കെ ചെയ്യുന്നവരാണ് വിചാരങ്ങളൊക്കെ ചെയ്യുന്നവരാണ് എന്ന് വിചാരിച്ച് വാസനകൾ ഒരിക്കലും പൂർണ്ണമായും നശിച്ചു എന്ന് കരുതും സദ്വാസന ഒരു മനുഷ്യനിലുണ്ടോ ചെറിയ അളവിനെങ്കിലും ദുർവാസനയും ഉണ്ടായിരിക്കും കാക്കയ്ക്ക് ഒരിക്കലും കൂടുണ്ടാക്കുന്ന ആ തൊഴിലും മറക്കാമെന്ന് പറ്റത്തില്ല എന്തുകൊണ്ടാണ് അത് മറക്കാൻ പറ്റാത്തത് അതെന്റെ വാസനയാണ് അങ്ങനെയാണെന്ന് മറക്കാൻ പറ്റാത്ത കൂടുണ്ടാക്കാം മറന്നുപോകുന്ന ഒരു കാക്ക അങ്ങനെ ഒരു കാക്ക ഉണ്ടാവില്ല വാസനകളുടെ ഒരു പ്രത്യേകത ട്രെയ്ഡ്സ് എന്നുകൂടി ശാസ്ത്രീയമായ പ്രേണങ്ങൾ പരിണാമപരമായി നമ്മളെ സംഭവിച്ചിരിക്കുന്നു നമ്മുടെ വംശത്തിൻ്റെ അതിജീവനത്തിനുവേണ്ടി വംശത്തിൻ്റെ അതിജീവനത്തിന് വേണ്ടി നമ്മൾ പരിണാമപരമായി സം സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നതാണ് കുറച്ചുകൂടി ശാസ്ത്രീയം മറ്റു അന്ധവിശ്വാസങ്ങളൊക്കെ മാറ്റിയാണ് അതൊരു മനുഷ്യന് ഉണ്ടാകുമെന്നായിരിക്കും മാറ്റാൻ പറ്റില്ല കാരണം വംശവൃദ്ധിക്ക് വേണ്ടി മനുഷ്യനെ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒന്നാണ് അത് നമ്മൾ തലമുറ തലമുറകളിലൂടെ കൈമാറുന്ന ഒന്നാണ് എന്തെങ്കിലും ജനിതകമായ തകരാറുകളില്ലെങ്കിൽ ചിലപ്പോൾ മനുഷ്യന് ജനിതക തകരാറ് വസ്തു ഇല്ലെങ്കിൽ അത് തലമുറ തലമുറ ആയി നമ്മളിൽ കൈമാറുന്ന പ്രകൃതി നമുക്ക് സംഭാവന ചെയ്ത നമ്മുടെ വാസനകൾ അതവിടെയിരിക്കും ചിലപ്പോൾ ഉറങ്ങി കിടക്കും ചിലപ്പോൾ ഉണർന്നിരിക്കും പ്രത്യേകിച്ചും കാമവാസന പോലെയുള്ള വാസ്തു അതൊന്നും മനുഷ്യരിൽ നിന്നും ഒരിക്കലും മാറ്റാൻ പറ്റില്ല മാറാം ഈ പറഞ്ഞതുപോലെ ജനിതകമായ തകരാറുകളുണ്ടെങ്കിൽ മാറാം അല്ലെങ്കിൽ അതുണ്ടായി തന്നെ അപ്പൊ മനുഷ്യര് ജീവിക്കുമ്പോൾ ചില ഡിസിപ്ലിൻ വേണമെന്ന് പറയുന്ന എന്തിനാണ് അത് മനുഷ്യർ കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ് കാമവാസനമായിട്ട് സഹജമായിട്ടുള്ള സഹജമായിരിക്കുന്ന ഒന്നിന് കൃത്രിമമായ മാർഗത്തിലൂടെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനാണ് ഇവിടെ പറയുന്ന ഡിസിപ്ലിൻ എന്നൊക്കെ നമുക്ക് എന്താത്ത മനസ്സിലാകുന്ന വഴി പറഞ്ഞടിച്ചു പക്ഷെ അതുകൊണ്ട് വാസനകളെ ജയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വാസനകളും നമ്മുടെ അച്ചടക്കവും തമ്മിലെപ്പോഴും ഒരു യുദ്ധം നടന്നുകൊണ്ടേ അത് ചിലപ്പോൾ വാസനകൾ ചെയ്യും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ കൂറ് ഏതിനോടുള്ളതെന്നനുസരിച്ച് നമ്മുടെ കൂറ് നമ്മുടെ ഡിസിപ്ലിനോടാണെങ്കിൽ ചിലപ്പോൾ ആ ഡിസിപ്ലിൻ വാസനയ്ക്ക് വർക്കി അല്ല നമ്മളറിയാതെ വാസന നമ്മുടെ ഡിസിപ്ലിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അതിൽ നിന്നൊരു മനുഷ്യന് മോചനം സാധ്യമില്ല ഇപ്പോഴത്തെ ആൾക്കാർ പറയുന്ന തള്ളുകൾ കേട്ടിട്ട് അതൊന്നും വിശ്വസിക്കും ഒരാൾക്ക് എന്തെങ്കിലും തകരാറില്ലെങ്കിൽ തകരാറുണ്ടെങ്കിൽ നോക്കി ആ തകരാറുണ്ടാകുമ്പോൾ അത് കേവലം ഒരിടത്ത് മാത്രമായിരിക്കില്ല വരുന്നത് മൊത്തം അവന്റെ വ്യക്തിത്വത്തെ മുഴുവൻ ബാധിക്കുന്ന തകരാറുകളായി ഗുണം ചെയ്യണോ ആത്മീയതക്കു ഗുണം ചെയ്യാന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ടായി അവസുമേ അവൻ്റെ ഡിസിപ്ലിനും ഉണ്ടായി രണ്ടും ഉണ്ടായാലും ആത്മീയമായി അവൻ മുമ്പോട്ടു പോകാൻ അപ്പോ അതിൻ്റെ മനസ്സ് പൂർണമായും കാമനാശൂജന്യമായ ഒരു മനസ്സാണെങ്കിൽ അവന് ആത്മീയ താല്പര്യങ്ങളും ഉണ്ടാവും മോക്ഷത്വം എന്ന് പറയുന്ന പോലൊരു കാമനയുണ്ട് അപ്പോ അതെന്തായാലും കൂടെ ഉണ്ടായത് അപ്പോ അതിന് ഈ അച്ചടക്ക നടപടികളിലൂടെ അതിനെ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ ക്രമേണ തെളിച്ചുകൊണ്ട് പോവുക അപ്പോ ആ വാസനകൾ പൂർണമായും കീഴ്പ്പെടാതിരിക്കുക കീഴ്പ്പെടാതിരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ രണ്ടും പ്രബലമാണ് പ്രബലമായിരിക്കുക ജന്മസിദ്ധമായ വാസനകള് എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും ഏറെയും കുറഞ്ഞൊക്കെ ഇല്ല അത് ഏറി കൂടിയിരുന്നാലും ശരി അതിനെ പോഷിപ്പിക്കണമെങ്കിൽ നന്നാക്കി എടുക്കണമെങ്കിൽ വളരെ എഫർട്ട് ആവശ്യം യേശുദാസ് ജന്മസിദ്ധമായി തന്നെ പാടുന്നതിനുള്ള ഒരു വാസനയുണ്ട് അതുകൊണ്ടല്ലേ യേശുദാസ് നല്ല പാട്ട് കട ഓരോ പാട്ടും പാട്ടും പലതവണ പാടി പാടി പാടിപ്പാടി അതിനെ നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യണം ഒരു യേശുദാസിന്റെ ഇന്റർവ്യൂ ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പാട്ട് നമ്മൾ സിനിമാ പാട്ടല്ലേ എന്തായിരിക്കുന്നതിന് അങ്ങനെയല്ല നമുക്ക് നിസ്സാരം വന്ന തോന്നുന്ന പാട്ടുകൾ പോലും പലതവണ പാടിപ്പാടി പാടിപ്പാടിപ്പാടി അതിനെ യശുദാസ് പറയുന്നു പാടുമ്പോ പലപ്പോഴും തോന്നാറുള്ളതാത് പൂർണമായില്ലെന്നും അത് ശരിയായില്ല എന്നാകുന്നു ഇനിയും അത് ശരി പറയാനുണ്ടെന്നുള്ള ബോധം നിരന്തരം പ്രാക്ടീസ് ചെയ്തിട്ട് അവസാനമാണ് അത് റെക്കോർഡിങ് ചെയ്ത് അപ്പൊ എഫർട്ട് എന്ന് പറയുന്നത് വലിയൊരു പങ്കുണ്ട് അപ്പൊ വാസനയുണ്ടെങ്കിൽ ഒരാളുടെ എഫർട്ടില്ലെങ്കിൽ കേവലം വാസന കൊണ്ട് മാത്രം ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുക എഫർട്ട് വളരെ ആവശ്യമാണ് വാസനയെ പരിപോഷിപ്പിച്ചാൽ എഫർട്ട് കൊണ്ട് അയാൾക്ക് ആവറേജിന് മേളിപ്പോകാൻ പറ്റും അല്ലെങ്കിൽ അയാൾ മിതോ ആവറേജായിരിക്കും അല്ലെങ്കിൽ ആവറേജിൽ എത്തിച്ചു അതിന് മേളിപ്പോകുന്നവരൊക്കെ വളരെ അധികം എഫർട്ട് എടുത്തു അപ്പൊ ആധ്യാത്മികമായും എന്താണ് നമ്മുടെ എഫർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഡിസിപ്ലിനാണ് അച്ചടക്കമാണ് അപ്പൊ വാസന എന്ന് പറയുമ്പോൾ ഈ ജീവിതത്തിന് അനുകൂലമല്ലാത്ത വാസങ്ങൾ എല്ലാ മനുഷ്യന്റെ ഉള്ളിലും എല്ലാ മനുഷ്യന്റെ ഉള്ളിലും മനുഷ്യന്റെ മനസ്സ് അങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സിന്റെ ഘടന കാരണം നമ്മള് മൃഗങ്ങളിൽ നിന്ന് പരിണമിച്ച് വന്നവരാണ് നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ല നിങ്ങൾ സ്വയം വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ ദേവലോകത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയെന്നാണ് അതൊക്കെ വിശ്വസിക്കുക അങ്ങനെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു സത്യമാണ് നമ്മളെല്ലാം മൃഗങ്ങളെ കൊണ്ടും പരിണമിച്ച സൈനോ ബാക്ടീരിയകളാണ് നീ നിലക്കിരിക്കുന്നു അതിലേക്ക് ഒരുപാട് പരിണാമങ്ങൾ ഇപ്പം മൃഗീയമായ മൃഗീയെന്ന് പറഞ്ഞെല്ലാം മോശമല്ല നല്ലതുമുണ്ട് മൃഗീയത്തിൽ പിന്നെ മോശമോ നല്ലതോ എന്ന് തീരുമാനിക്കുന്നത് എന്താണോ ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ജീവിതത്തിൽ ജീവിക്കുമ്പോൾ മൃഗീയമായ പല വാസനകളും നമുക്ക് മോശമായി അല്ലെങ്കിൽ മോശം കാമവാസനകൾ പോലെയുള്ള വാസനകൾ ഇങ്ങനെ ഒരു ജീവിതത്തിൽ വന്നുകൊണ്ടാണ് അത് മോശമാണ് അല്ലെങ്കിൽ ഇതൊന്നും മോശം ഇപ്പം മൃഗീയവാസന എന്ന് പറഞ്ഞാൽ മൃഗീയം എന്ന് പറഞ്ഞാൽ മോശം എന്നൊരു അർത്ഥമുണ്ടായിരുന്നു അല്ല മോശം അവിടെയുള്ളൂ അത്തരം വാസനകള് നമുക്കാർക്കും ഒരിക്കലും വിശുദ്ധന്മാരായി ജീവിക്കാൻ പറ്റത്തില്ല ഒരു മനുഷ്യനും ലോകത്തിൽ സാധിക്കും അത് ഞാൻ പറയുന്നത് എന്താണോ ഈ ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിലവർ ശാസ്ത്രീയമായി അറിവിച്ച പറയുന്നത് അല്ലാതെ ആരെങ്കിലും മോശമാക്കാൻ വേണ്ടി പറയുന്നത് സാധിക്കുന്ന എപ്പോഴും നമ്മൾ ഓർക്കണം നമ്മളെല്ലാവരും വിശുദ്ധന്മാരാണ് എപ്പോ ചത്തവര് വിദഗ്ധ ഓർമ്മ അത് വിശുദ്ധരാകാൻ വിശുദ്ധ പദവി സാധിക്കുന്നവര് അതുകൊണ്ട് മനുഷ്യരിൽ എന്താണ് അവനവനെ സംബന്ധിച്ച് അങ്ങനെ അതിരുകടന്ന ആത്മവിശ്വാസവും ആർക്ക് സാധിക്കുന്ന കാര്യം അത് പലപ്പോഴും ചിലപ്പോൾ അനുകൂലമായിരിക്കും ചിലവ് പ്രതികൂലമായിരിക്കും ഇവിടെ പറയുന്ന എന്താണ് എല്ലാം അനുധാവതി വാസന മാസനേക്ക് എന്തുടരുന്നില്ല എന്നതാണ് വാസനയെ പിന്തുടരുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു ശ്രമമാണ് ഒരാൾ സത്യസന്ധമായി ആത്മാർത്ഥമായി എന്തൊന്നും പോയണമെങ്കിൽ ഞാൻ വാസനയെ പിന്തുടരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാനതിനെ അയാൾക്കോട് വാദിക്കാനൊന്നും പോകത്തില്ല ഒന്ന് ഞാൻ തീരുമാനിക്കും ഒന്ന് ഫസ്റ്റ് അതിനുള്ള ചാൻസ് എന്താണ് ട്രയാക്കന്തു തകരാറ് ജനിതകമായ തകരാറ് രണ്ടാമതെന്താണോ കള്ളം പറയുന്നു രണ്ടിലേക്ക് ഒന്നെയായിരിക്കും അതുകൊണ്ടാണ് നമ്മുടെ അല്ലെങ്കിൽ പിന്നെ പിന്നെ ഒരു തത്വം ഞാനീടെ കാര്യങ്ങളുണ്ടോ പറയുന്നത് സാറിന് മനുഷ്യന്റെ കാര്യമില്ല അയാൾതിന് അയാ അയാളെ കുറവന്തിന് കുറുവന്തിങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരാളും വാസനയെ പിന്തുടരുന്നില്ല എന്ന് പറഞ്ഞാൽ വാസന അയാളെ പിന്തുടരുന്നുണ്ട് അയാള് വാസനയെ പിന്തുടരുന്നില്ല അതാണ് വ്യത്യാസം ഞാൻ വളരെ ആത്മവിശ്വാസത്തോടുകൂടി പറയുകയാണ് ഞാൻ വാസനയെ പിന്തുടരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വാസന എന്നെ പിന്തുടരുന്നിരുന്നല്ല വാസന എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അതെന്നെ പിന്തുടരുന്നുണ്ട് അപ്പൊ പിന്നെന്താ സാധിക്കുന്നത് വാസനകളെ പിന്നെ പിന്തുടരാനുള്ള ഒരു ശ്രമം അതേ മനുഷ്യന് സാധ്യമാണോ ചോദിക്കും എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് എന്നാ പിന്നെ വാസന അത്രയും പ്രബലമാണ് വാസനയിൽ വാസനക്കനുസരിച്ചു ജീവിച്ചപ്പോ അതിലൊരു വലിയ പ്രശ്നമുണ്ട് എന്താണ് നമ്മൾ വാസനക്കനുസരിച്ച് ജീവിക്കാൻ പോയാൽ അതിന് അതിർ വാസന എത്രയോ തലമുറകൾ പകർന്നു കിട്ടിയതാണ് നമ്മുടെ ജീനുകളിൽ ഇരിക്കേണ്ടത് അതിനൊരാതിര നിശ്ചയിക്കാൻ പറ്റുന്നു അത് നമ്മളെവിടെ കൊണ്ട് ചാടിക്കും അതീ ജീവിതത്തിൽ സന്തോഷമായി ജീവിക്കേണ്ടതെന്ന് ശരിക്കും പറഞ്ഞു സന്തോഷമായും ജീവിക്കേണ്ട ഈ ജീവിതത്തെ ഏതെല്ലാം വൈതരണികൾ ഏതെല്ലാം ദുർഘടങ്ങൾ കൊണ്ട് ചാടിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല അതാണ് എൻ്റെ ദോഷം അതുകൊണ്ടാണ് പഴയകാലത്തു മനുഷ്യൻ ചിന്തിച്ചത് അങ്ങനെ വാസനയ്ക്ക് പൂർണ്ണമായും കീഴ്പെട്ട് അല്ലെങ്കിൽ വാസനയ്ക്ക് ജീവിതത്തെ വിട്ടുകൊടുത്തിട്ട് ഒരാൾ ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റിയില്ല ഒരുപാട് ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിടുകയും ഒരുപാട് മനസ്സിന് അസ്വസ്ഥതകൾ ഉണ്ടാവുകയും അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ പിന്നെ വാസനയുടെ പിന്നാലെ പോയ ഒരാൾ ജീവിതത്തിൽ ഒരുപാട് അങ്ങ് സന്തോഷിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ മനുഷ്യന് മുമ്പോട്ടേന്ന് പശ്ചാത്തലിക്കേണ്ടി വരും അതാണ് പശ്ചാത്തലത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഭീതിതമാണ് ഭയത്തെ ഉണ്ടാക്കുന്ന നമ്മുടെ മനുഷ്യന്റെ സാധാരണ ജീവിതത്തിൽ ഭയം കടന്നു വരാൻ പാടില്ല നമ്മള് നമ്മുടെ വേലിക്കെട്ടുകളെ മറികടന്നു പോയാൽ എന്താണ് നമ്മൾ പിന്തുടരുന്ന ഒന്നാണ് ഭയം അതേ സമയം ഭയം പിന്തുടരും ഇനി എന്ത് അപകടമാണ് വരാൻ പോകുന്നത് വരാൻ പോകുന്ന അപകടങ്ങളെ കുറിച്ചുള്ള ഭയം അത് മനസ്സിലെപ്പോഴും എന്തുകൊണ്ട് വേണ്ടാത്ത വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് സ്വാഭാവികമായും മുമ്പോട്ട് പോകുന്ന ഏതു വഴിയിലും അപകടങ്ങൾ പതിയില്ല അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഒരിക്കൽ ഒരു സന്ദർഭത്തിൽ എനിക്കൊരു വളരെ മോശം വഴിയിലൂടെ വണ്ടി ഓടിച്ചു പോവുകയും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജീവിതത്തിലൊരിക്കലും മറക്കാത്ത ഒരു അനുഭവമായിരുന്നു കാരണം ഇപ്പോൾ ഇൻപോട്ടിയൊന്നും ഇപ്പോൾ റോഡില്ല അപ്പോ ഇനി അടുത്തെവിടെയാണ് പോകുന്നത് നമ്മളൊരു വാഹനത്തിനകത്തിരിക്കണം അടുത്ത് ഏത് കുഴിയിലാകുന്ന ചാടുന്നു എന്താ അപകടം മനസ്സിൽ ഭയം ആശങ്ക ഉൾക്കണ്ടെല്ലാം നമ്മൾ എത്ര തടഞ്ഞാലും കിടന്നുവരും കാരണം വഴി തെറ്റിപ്പോയി വഴിത്തെത്തിയാൽ സ്വാഭാവികമായിട്ടും ശരിയായ വഴിയിലേക്ക് തിരിയുന്നത് വരെ നമ്മളെ അടുത്ത് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് കണ്ട ആശങ്ക മനസ്സിലാക്കണം വാസനയ്ക്ക് വഴിപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് തന്നെയാണ് പ്രത്യേകിച്ച് ഇവിടെ വാസന എന്ന് പറയുമ്പോ ദുർവാസന ദുർവാസന എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ചേരാത്ത വാസന ആ വാസന എല്ലാവർക്കും ദുർവാസനായിരിക്കണോന്നില്ല ചിലർക്കത് ദോഷം ചെയ്യുന്നതായിരിക്കില്ല മോഷണം ഒരു കലയാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളിൽ മോഷ്ടിക്കാനുള്ള വാസന ഉള്ളതുകൊണ്ടാണ് അയാൾ മോഷ്ടിക്കുന്നത് പാരമ്പര്യമായി കിട്ടുന്നതാണ് അത് നമ്മുടെ പൂർവികന്മാർക്ക് മോഷണം അവര് അവരുടെ കലയായിരുന്നു മോഷണം ചിലരുടെ ആ ജീനുകൾ കൂടുതൽ ഡിഗ്രി ചിലരുടെ അത് കുറവായി ഇപ്പോ കൂടുതലുള്ളവർ അവർക്ക് അങ്ങോട്ട് തന്നെ പോകും അത് കലയായി കളിക്കുവേണ്ടി അതവര് വളരെ സമർത്ഥമായി പോവുകയും നല്ല ജീനുകളാണെങ്കിൽ നല്ല കള്ളന്മാർ ജീവിതത്തിൽ ഒരിക്കലും പിടിക്കപ്പെടത്തില്ല അത്രയും മെടുക്കന്മാരാണ് കാരണം അവരുടെ ജീന എന്ന് പറയുന്നത് പോലീസിന്റെ ജീന കാണും നല്ല ജീന അപ്പോ എന്ത് ചെയ്യും നല്ല കള്ളന്മാരൊരിക്കലും പിടിക്കപ്പെടത്തില്ല അപ്പോ ഈ നമ്മുടെ വാസന മോശമാണോ നല്ലതാണോ എന്നൊക്കെ ചെയ്തു തീരുമാനിക്കുന്നത് സദ്വാസനയാണോ ദുർവാസനയോ തീരുമാനിക്കുന്ന അവരവരുടെ ജീവിതം ജീവിതം അനുസരിച്ചിട്ടാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദുർവാസനകളെന്ന് പറയുന്നത് എല്ലാവർക്കും ദുർവാസന ആയിരിക്കും കള്ളനെ സംബന്ധിച്ചിടത്തോളം കണ്ടുകൊണ്ട് മോഷണം നടത്തുക പിടിക്കപ്പെടാതിരിക്കുക എന്റെ ബുദ്ധിയല്ല അതിനുപയോഗിക്കുക അവനെ സംബന്ധിച്ചത് സദ്വാസനയാണ് അവൻ ജീവിതകാലം മുഴുവൻ വളരെ സമൃദ്ധമായി കള്ളനായി ജീവിക്കുന്നു സമൃദ്ധനായി മരിക്കുന്നു അവന് സന്തോഷമാണ് ജീവിതത്തിൽ ഇതുവരെ പിടിച്ചില്ല അവന സംബന്ധനം അതാണ് അത് നല്ലതാണ് പിന്നെ നമ്മൾ നമ്മുടെ വ്യക്തിജീവിതത്തിലുപരിയായി നമ്മൾ കൽപ്പിക്കുന്ന ധാർമ്മികത നീതിബോധം അതിൻ്റെയൊക്കെ മുമ്പിൽ വരുമ്പോഴേ അത് മോശമാകും വ്യക്തിയെ സംബന്ധിച്ചത് അവന് അനുകൂലമാണ് അവന് നല്ലതാണ് അവന് സന്തോഷം കൊടുക്കുന്നതാണ് കള്ളനും കടന്റെ മോഷണവാസം അപ്പോ വ്യക്തി ജീവിതത്തിനുപരിയായ ഒരു ധാർമ്മികതയെ നമ്മൾ കൽപ്പിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ധാർമ്മികതയുണ്ട് ശരിക്കും അതാണ് ധാർമ്മികത എന്ന് പറയുന്നത് നീതിയും ധാർമ്മികതയും നമ്മളുടെ വ്യത്യാസം അവിടെ അവിടെയുണ്ടല്ലെങ്കിൽ ഈ പറയുന്നതിനൊക്കെ ഒരു അർത്ഥം ഒരാളൊരു കൊലപാതകം നടത്തി ഒരാളെ കൊന്നു ഉടനെ അയാളെ പിടിച്ചു പോലീസ് എഫ്ഐആർ തയ്യാറാക്കി കോടതിയിൽ കൊണ്ടുപോയി വിചാരണം നടത്തി അവസാനം ജഡ്ജി പറയുന്നു ഇയാൾ ഒന്ന് കൊന്നതിന് തെളിവൊന്നുമില്ല ഇയാളെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കൊലപാതകം ആകാതാവുന്നത് അവിടെയാണ് ആ ജഡ്ജിയുടെയും പോലീസുകാരൻ്റെയും വിപ്പുന്നവന്റെയും ഒക്കെ നീതിബോധത്തിനുപരിയായി ധാർമ്മികത എന്ന് പറയുന്നുണ്ട് ആ ധാർമ്മികതയുടെ മുമ്പിൽ അയാൾ കൊലപാതകമാണ് പക്ഷെ നീതിയുടെ മുമ്പിൽ അയാൾ നിരപരാധിയാണ് നീതി പറയുന്ന നിരപരാധിയാണ് തെളിവില്ല അതുകൊണ്ട് അയാൾ വെടുകൂടാതെ അധാർമ്മികനാണ് ധർമ്മം എന്ന് പറയുന്നതിന് മുമ്പിൽ അയാൾ അധാർമ്മികനാണ് നീതിന് മുമ്പിൽ അയാൾ നിരപരാധിയാണ് അയാൾ അപരാധം ചെയ്തിട്ട് നിരപരാധി എന്ന് പറഞ്ഞാൽ അപരാധം ചെയ്തിട്ട് നിരപരാധിയാണ് നിയമവ്യവസ്ഥ ആ ഒരു പോരായ്മ അവിടെയാണ് ധർമ്മത്തെ കാണുന്ന അതിനുപിരിയായിട്ടാണ് ധാർമ്മികത എന്ന് പറയുന്നത് അതിനും മേള അപ്പൊ ധർമ്മത്തിൻ്റെ മുമ്പിൽ എന്താണ് അയാൾ കൊലപാതകയാണ് അയാൾ കുറ്റവാളിയാണ് പക്ഷേ അത് അയാൾക്കറിയാം അയാളുടെ ഉള്ളിലെ കൊണ്ട് ധാർമ്മിക ബോധം എന്ന് പറയുന്നു ആ ധാർമ്മിക ബോധം അയാളോട് പറഞ്ഞുകൊണ്ടിരിക്കും നീ കൊന്നവൻ തന്നെയാണ് അത് അയാളെപ്പോഴും ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കും മറ്റുള്ളവർക്കാർക്കും അത് കണ്ടുപിടിക്കാൻ കഴിയില്ല അപ്പോ ആ വ്യക്തിജീവിതത്തിൽ ഉപരിയായി ഏതോ ഒരു തരത്തിൽ ധാർമ്മികക്ക് സമൂഹത്തിന്റെ ഒരു സ്ഥാനമാണ് അത് പലപ്പോഴും വെളിപ്പെടത്തില്ല പക്ഷെ അധർമ്മിക്ക് ധർമ്മം വെളിപ്പെടും അവന്റെ ഉള്ളിൽ അത് വെളിപ്പെടും അവന് സ്വയം മനസ്സിലാവും ഇതാണ് അധർമ്മം അപ്പൊ വാസനയെ ഒരാൾ പിന്തുടരുകയാണെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ അയാൾ ധാർമ്മികനായി പക്ഷെ അയാളുടെ ഉള്ളിൽ അയാൾക്ക് സ്വയം ബോധ്യപ്പെടും ഞാൻ അധാർമ്മികനാണെന്ന് ബോധ്യപ്പെടും പക്ഷെ അയാള് സ്വയം തന്നെ എന്ത് ചെയ്യുന്നു ഇവിടെ ജീവിതത്തിലുള്ള ഡിസിപ്ലിൻ സ്വീകരിച്ചിരിക്കുകയാണ് പക്ഷെ തന്റെ ജീവിതത്തിൽ തന്റെ ഡിസിപ്ലിന് വിരുദ്ധമായി താൻ തന്റെ വാസനയെ പിന്തുടർന്നു പോയി അപ്പോ അയാൾ പശ്ചാത്തലം വരും ശരിയായമായുള്ളൊരു ധാർമ്മിക ബോധമുള്ളവനാണെങ്കിലും അയാളുടെ പശ്ചാത്തലം അപ്പൊ തന്റെ താൻ ചെയ്ത ആ തിന്മയുടെ തീവ്രതയനുസരിച്ച് തുടർന്ന് അയാളെ കുറ്റബോധം ഭയം തുടങ്ങിയ കാര്യങ്ങളെല്ലാം സംഭവിച്ചു അതുകൊണ്ട് വാസനയ്ക്ക് കീഴ്പ്പെടാതിരിക്കാൻ മനുഷ്യൻ ഉണർന്ന് എപ്പോഴും പ്രവർത്തിക്കണമെന്നാണ് കൂടെ പറയുന്നത് അത് സാധാരണ മനുഷ്യനല്ല അവർക്കിതൊരു വിഷയമേ അവര് ചെയ്യുന്നത് പലപ്പോഴും ഇത് ധർമ്മമാണോ അധർമ്മമാണോ എന്നുള്ള ബോധം മൂലം അവർ കാണത്തില്ല അപ്പോ സമൂഹം കൽപ്പിക്കുന്ന നീതിക്കും നിയമങ്ങൾക്കും എല്ലാം ഉപരിയായി മനുഷ്യന്റെ ആന്തരികമായി അവന്റെ അവനെ തിന്മയിൽ നിന്ന് പ്രേരിപ്പിക്കുന്നതും നന്മയിലേക്ക് അവനെ നയിക്കുന്നതുമായ ഒരു ധർമ്മമുണ്ടെങ്കിൽ അതിനാണ് വിളിക്കേണ്ടത് സനാതനധർമ്മം ചതുർഭണ്യത്തെ അങ്ങനെ ഒന്ന് മനുഷ്യന് പ്രേരകമായി നിൽക്കുന്നുണ്ടെങ്കിൽ എന്നേ പറയാൻ പറ്റും അതങ്ങനെ ഒന്ന് നിൽക്കുന്നു എന്ന് എപ്പോഴും നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം ഞാനെപ്പോഴും എന്താണ് എനിക്ക് ബോധ്യപ്പെടുന്ന എന്റെ ശരികൾക്ക് വേണ്ടി ബാധിക്കുന്നയാളാണ് ഞാൻ പറയുന്നത് എന്താണ് ഇതാണ് ശരി എന്തുകൊണ്ട് അതാണ് എന്റെ ബോധ്യം അതിനുവേണ്ടി ഞാൻ ബാധിക്കുന്നു അത് തീർത്തും ധാർമ്മികമാണ് ചിലപ്പോ എന്റെ ബോധ്യം തെറ്റാണെങ്കിൽ അത് ധാർമ്മികമല്ല അധാർമ്മികമാണ് എനിക്ക് പരമാവധി എന്റെ ബോധ്യത്തെ പിന്തുടരുത് അതേ എനിക്ക് സാധ്യമാകും അതിനപ്പുറം എനിക്ക് സാധ്യമാകും ഇപ്പൊ സ്വന്തം ബോധ്യത്തിലെങ്കിലും ഒരാൾ ഉറപ്പിക്കണം എന്താണ് ഞാൻ എന്റെ ധർമ്മത്തെയാണ് പിന്തുടരുത്തുന്നത് എന്റെ വാസനയല്ല അത്രയെങ്കിലും ഒരാൾ ധാർമ്മികനാകാൻ ശ്രമിക്കുക എന്നുള്ളത് അതിനാണ് നമ്മൾ മനസ്സാക്ഷി എന്നൊക്കെ പറയുന്നത് അത് എപ്പോഴും ശരിയായിക്കൊള്ളണം എന്നുള്ളത് മനസാക്ഷിയും ചിലപ്പോൾ നമ്മൾ ചെറിയ എപ്പോഴും ശരിയായിക്കൊള്ളണം പക്ഷെ വേറെക്കുറെ അതിനെ ആശ്രയിക്കാല്ലേ വഴിയില്ല എന്തായാലും ദുർവാസനകൾ വന്ന് നമ്മളെ കീഴ്പ്പെടുത്തുമ്പോ നമ്മൾ നമ്മൾക്ക് സ്വയം സ്വീകരിച്ചിരിക്കുന്ന ഒരു ധാർമ്മികത അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയുക അതാണ് ഇവിടെ പറയുന്നത് വാസന പിന്തുടരണ്ട് വാസനയുടെ പുറകെ പോകരുത് അതിന് ഒരേ ഒരു വഴി ഒന്നും എന്താണോ ശരിയായ അവബോധത്തോടു കൂടി ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകും സംഭവിക്കുന്നത് എന്താണോ അങ്ങനെ ഒരു ഡിസിപ്ലിൻ എന്നാണെന്ന് അറിഞ്ഞാൽ അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴും വാസന വളരെ ശക്തമാണ് അത് വന്നിട്ട് ചിലപ്പോ നമ്മുടെ ധാർമ്മിക ബോധത്തെ മറച്ചുക അതാണ് ഭഗവാൻ ഗീരയിൽ പറഞ്ഞതാണ് ബുദ്ധിനാശം അപ്പൊ ബുദ്ധിനാശ സംഭവിക്കുന്നതിന് ക്ഷണം മതി ഒരുപാട് ആലോചിച്ച് കൂട്ടിയെടുക്കേണ്ട കാര്യമുണ്ട് വാസന ശക്തി പ്രാപിക്കുന്നു സ്വയം മൂർഖത പ്രാപിക്കും ബുദ്ധി നശിക്കും ആകാശത്ത് പെട്ടെന്ന് പക്ഷക മേഘങ്ങളൊന്നും നിറയിൽ നിമിഷങ്ങളും കൂടി മറന്നി അതുപോലെ വാസന നമ്മളെ കീഴ്പ്പെടുത്തിക്കളെ എത്ര വലിയ അറിവുള്ളവനായാലും ശരി എത്ര വലിയ ജ്ഞാനിയായാലും ശരി എന്തൊക്കെയായാലും ശരി എന്തൊക്കെ പട്ടങ്ങൾ നമ്മൾ ഒരാൾക്ക് ചാർത്തി കൊടുത്താലും ശരി വാസന അവനെ കീഴ്പ്പെടുത്താനുള്ള ഒരു സാധ്യത എപ്പോഴും ഉണ്ട് മനുഷ്യൻ എപ്പോഴും മനുഷ്യനിലും ഉണ്ട് ഒരു നിഴലുപോലെ അവന്റെ പിന്നിലുണ്ട് വിവേകമുള്ളടത്ത് വെളിച്ചം ഉണ്ടെടുത്തല്ലേ നിഴലുണ്ട് വിവേകമുള്ളടത്ത് തന്നെ അതിന്റെ നിഴലുപോലെ ഇനി വെളിച്ചില്ലെങ്കിൽ നേടുമില്ല അതാണ് സാധാരണ മനുഷ്യരും നിശ്ചിന്തരായി യാതൊരു കുലത്തുമില്ലാഗ്രഹിക്കുന്നത് കാരണം അവന്റെ ഉള്ളില് വിവേകമില്ല അതുകൊണ്ട് അവൻ വാസനയെ കുറിച്ചൊന്നും അവനൊരു ബുദ്ധിമുട്ടും യാതൊരു ചിന്തയില്ല ജീവിതം എങ്ങനെയാണോ പോകുന്ന അങ്ങനെ പോകും അതിനെ കുറിച്ചൊന്നും അവന് വേവലാദികളില്ല മറിച്ച് ഇതിന് രണ്ടിനെ കുറിച്ചും ബോധ്യമുള്ളവൻ വിവേകത്തെക്കുറിച്ച് ബോധ്യമുള്ളവൻ എന്ത് ചെയ്യും തന്റെ മൂർഖതയെ തിരിച്ചറിയും എപ്പോ എപ്പോഴാണോ അവൻ വാസനയ്ക്ക് കീഴ്പ്പെട്ടു അപ്പോ ഒരാൾക്ക് വിശുദ്ധനായിരിക്കാം എവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ പക്ഷേ തന്റെ വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ അവനാന്ന് തിരിച്ചല്ല നഷ്ടപ്പെടുന്നു എന്തുകൊണ്ട് വിവേകമുള്ളവനാണെങ്കിൽ അനേക തിരിച്ചറിയത് അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും അതിനെക്കുറിച്ചിട്ട് ഇനിയും പറയും പല ഭാഗങ്ങളും ആധ്യാത്മിക ജീവിതത്തിൽ അത്യന്ത ഉപയോഗമുള്ള ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വാസുക്ഷത്ര ആവർത്തിച്ചു വാസനയ്ക്ക് കീഴ്പെട്ടു പോകരുത് ജീവിതം ഡിസിപ്ലിൻഡായി അങ്ങനെ ഒരു ജീവിതത്തിലാണ് ഒരാള് ശാന്തി സമാധാനവും അതിലൂടെ കെട്ടുന്നതാണ് ശാന്തി സമാധാനവും അല്ലാതെയും നമുക്ക് ശാന്തി സമ്മാനമൊക്കെ കിട്ടുന്നു അതെങ്ങനെയാണ് ശാന്തി സമ്മാനം നമുക്ക് കിട്ടുന്നത് നമ്മുടെ നമ്മുടെ ചുറ്റുപാടുകൾ ശല്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് ശാന്തി സമാനം നമ്മൾ മുറിയടക്ക് കഥ അടച്ചു മുറിക്കകത്തിരിക്കുന്നു പുറമേ ശല്യങ്ങളൊന്നുമില്ല ശാന്തമാണ് സാഹചര്യങ്ങൾ ഒരുക്കിത്തരുന്നത് ശാന്തിയാണ് പക്ഷെ അവിടെയും അശാന്തിയെ സൃഷ്ടിക്കുന്നതാണ് വാസ്തു അത് ഉള്ളിൽ അശാന്തിയെ അതുകൊണ്ടാണ് അവിടെയാണ് എന്താണ് ഒരാൾക്ക് കൂടുതൽ ജാഗ്രത വേണ്ടത് അപ്പോ ഉള്ളിൽ ഈ വാസന വന്ന് പെരുത്തു കഴിഞ്ഞാൽ അവനെ മുറിയിൽ നിന്ന് പുറത്തു വരാൻ പ്രേരിക്കും അവനെ ഗുഹയ്ക്കകത്തൊക്കെ തപസ്സിയിലിരിക്കുന്നവരും ഏകാന്തതയിരിക്കുന്നവരും പെട്ടെന്ന് ശുപ്രഭാഗത്തിൽ ഗുഹയിൽ നിന്ന് പുറത്തു ഈ കോലാഹലങ്ങളിലങ്ങ് മൊഴിപ്പോയി പേ പിടിച്ച മനുഷ്യരായി മാറും അങ്ങനെ മുറി ഒരുപാട് പേരെ കാണുന്നു പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരുന്നു പേ പിടിച്ച പട്ടികളൊക്കെ അതുവരെ ശാന്തമായിരുന്നു പേ പിടിച്ചു കഴിഞ്ഞാൽ അത് അതുവരെ പഠിക്കും അതുപോലെ മനുഷ്യൻ പെട്ടെന്ന് പേ പിടിച്ചു പോകുന്നതെന്നുണ്ട് അവന്റെ വാസനക്ക് കീഴ്പെട്ടു പോകുന്നൊണ്ടാണ് അറിയാതെ അതിൽ ഒരാളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ എന്ന് അവന്റെ വാസന വിവേകത്തെ കീഴ്പ്പെടുത്തിയെങ്കിൽ അവനെ കുറ്റപ്പെടുത്തുന്നതിന് എന്താർത്ഥം വാസന ശക്തമായിട്ട് കുറ്റപ്പെടുത്തുന്നതിൻ്റെ അർത്ഥം അവനെ ശിക്ഷിക്കുന്നതിന് വകുപ്പുകളൊന്നും ഇന്ന വകുപ്പനുസരിച്ച് ശിക്ഷിക്കാം എന്ന് നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിലൊന്ന് വിജയിച്ചിട്ട് സാധിക്കുന്ന കാര്യമാണ് അത് ആധ്യാത്മികമായ വീഴ്ചയാണ് അതവന്റെ അന്തരംഗത്തിൽ സംഭവിക്കുന്ന അതുകൊണ്ടാണ് അവന് ശിക്ഷയില്ല പുറമേ സംഭവിക്കുമ്പോഴാണല്ലോ ശിക്ഷയ്ക്ക് വിധേയനാണ് അതുകൊണ്ട് ഇതൊരു വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ് ഇവിടെ ചരിച്ചത് വാസനയ്ക്ക് കീഴ്പ്പൊട്ട് പോകാതിരിക്കാൻ ഒരേ ഒരു വഴിയേ വളരെ വിവേകമുള്ള വിവേകത്തിന്റെ പിന്നിലെല്ലാം ഉണ്ടാകുക എന്നാൽ കർശനം നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ജീവിക്കുക അതേ ഉള്ളത് രണ്ടു വരുമിച്ചേ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടും കാര്യമൊന്നും ഒരാശ്രമത്തിൽ കർശനമായ നിയമങ്ങൾ വയ്ക്കുന്നു എല്ലാർത്ഥത്തിൽ പക്ഷെ എന്ത് ചെയ്യുന്നു ഒരാൾ ആ നിയമങ്ങളെയൊക്കെ ഉല്ലംഘിച്ചുകൊണ്ട് പ്രവർത്തിച്ചു പോകും അപ്പോൾ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ട് മനുഷ്യനെ നന്നാക്കാൻ പറ്റും നന്നാക്കാൻ കഴിയുന്ന കാര്യമല്ല തീരെ കഴിയില്ലെന്ന് വേണമെങ്കിലും പറയാം അപ്പോ നിയന്ത്രണങ്ങൾ കൊണ്ട് ചട്ടങ്ങൾ ചട്ടങ്ങൾ ഏർപ്പെടുത്തിയിട്ട് മനുഷ്യന് നന്നാക്കാൻ പറ്റില്ല ചട്ടങ്ങൾ ഏർപ്പെടുത്തിയാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുറെ കാലം അവനെ സ്വാധീനത്തി വയ്ക്കാൻ നന്നാക്കാൻ പറ്റത്തില്ല ആനയെ ചട്ടം പഠിപ്പിക്കും പോലെ ആനയെ ചട്ടങ്ങളൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുറെക്കാലം അതിനെ അത് പാപ്പാന്റെ നിയന്ത്രണത്തിലായിരിക്കും ശരിയാണ് പക്ഷെ ഏത് സമയമാണോ എന്തു ചെയ്യണം പാപ്പാനെ കൊല്ലാം പറയുന്നിടത്ത് വിവേകമില്ലാകുന്നതാണ് ആനയ്ക്ക് വിവേകമുണ്ടാകും അതിന് നിയന്ത്രണങ്ങളെ സാധ്യമാവും അതിനിടെ വിവേകം അതൊരിക്കലും ഉണ്ടാകരുത് അത് മൃഗമാണ് വിവേകത്തിന്റെ ബുദ്ധി അതിന പക്ഷേ ചട്ടങ്ങളേതനുസരിക്കും അതുപോലെയാണ് മനുഷ്യന് ചട്ടങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അവന്റെ കൂടെ വിവേകം ഉണ്ടാവണമെന്നില്ല അപ്പോ ഇത് രണ്ടും ചേരുന്നു ചട്ടങ്ങൾ നമുക്ക് ബാഹ്യമായി ഏർപ്പെടുത്താൻ പറ്റും വിവേകം അതാരുടെയും തലയ്ക്കുള്ളിൽ അവന്റെ കുട്ടിയിൽ വിവേകം എന്ന് പറയുന്ന ഒരു വിളക്ക് കൊളുത്താൻ ആർക്കും പറ്റത്തില്ല അത് അവിടെ സ്വയം ജ്വലിച്ചാലേ പറ്റും വേറെ ആർക്കും അവന്റെ ഉള്ളിലേക്ക് ഒരു വെളിച്ചം അവന് കൊളുത്തിവെക്കാൻ പറ്റത്തില്ല നമ്മൾ ഈ ചെയ്യുന്ന മുഴുവൻ ചട്ടങ്ങൾ ഏർപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് എല്ലാ ചട്ടങ്ങളും പരാജയപ്പെട്ടുപോകുന്നത് എന്തുകൊണ്ടല്ലോ വെളിച്ചം ഉള്ളിൽ കൊളുത്തി വെക്കാൻ ആർക്കും പറ്റത്തില്ല സ്വയം അവന്റെ ഉള്ളിൽ അത് തെളിയണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാമാന്യമായിട്ട് നമ്മൾ ജനിച്ച് വരുമ്പം തന്നെ വളർന്നു വരുമ്പം തന്നെ നമ്മൾ നല്ലതും ചേത്തയും പഠിക്കുകയാണ് ഇന്നതാകാം ഇന്നതരുത് ആദ്യം പഠിക്കുന്ന അമ്മയിൽ നിന്നാണ് അമ്മ പഠിപ്പിക്കും അത് ചെയ്യരുത് അത് ചെയ്യുന്നു വളർന്നു എല്ലാ മനുഷ്യർക്കും അവന്റെ ഉള്ളിലൊരു ശരിയും തെറ്റിനെ കുറിച്ചുള്ള ഒരു എല്ലാ മനുഷ്യർക്കും പിന്നെ നിരന്തരം അവന് അത് മനസ്സിലാക്കാനും വിവേകത്തെ വളർത്തിയെടുക്കാനുമുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും മനുഷ്യന് തെറ്റിലേക്ക് പോകുന്നത് ശരി അറിയാത്തോണ്ട് മയക്ക് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം ഇത് അഡിക്റ്റ് ആക്കുക ഇത് ബ്രെയിന് തകരാറിലാക്കുക ജീവിതത്തെ നശിപ്പിക്കും എന്നാലും അവൻ മോഷണം നടത്തുന്ന എല്ലാവരും അറിയാം ഇത് നിയമവിരുദ്ധമാണ് ഏത് തരത്തിലുള്ള മോഷണമായി എല്ലാവർക്കും അറിയാം നിയമവിരുദ്ധമാണ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നാടൻ പിടിക്കപ്പെടും എന്നാലും എല്ലാ മനുഷ്യരും എന്തു ചെയ്യും ആ തിന്മയുടെ മാർഗത്തിന് അവൻ അവന്റെ സാമർഥ്യം കഴിയുന്നത്ര പ്രയോഗിക്കും അതാണ് വാസന അപ്പൊ മനുഷ്യന് അറിവില്ലാത്തതുകൊണ്ട് ഒരു ചെറിയ കുട്ടിയാണ് കുട്ടിക്കാലം അവരെ വളർന്നു എല്ലാ നന്മകളും അവന് ബോധിപ്പിച്ചു വളർന്നു വളർന്ന് വരുമ്പോ യാതൊരു ഗ്യാരണ്ടിയില്ല നമ്മൾ ബോധിപ്പിക്കുന്ന നന്മയിലൂടെ തന്നെ മുന്നോട്ട് പോകും അവന്റെ വാസ പ്രബലമാണെങ്കിൽ അവനവന് ഇരുപത് വർഷം അവന് നമ്മൾ നന്മയുടെ പാഠങ്ങൾ പഠിപ്പിച്ചാൽ ഒരു മണിക്കൂർ അവന് തിന്മയുടെ സംസർഗം കിട്ടിയാൽ മതി അവന് തോന്നുന്നു ഇതുവരെ ഞാൻ മനസ്സിലാക്കിയല്ല അബദ്ധം ഇതാണ് ശരി ഒരു മണിക്കൂർ അവന് പാഠം കിട്ടിയാൽ മതി ഇപ്പം ഞാൻ മനസ്സിലാക്കിയാണ് ഇത് ശരി ഇതുവരെ ഞാൻ ഒരു വെഡ്ഡിയായി ജീവിച്ചത് ഇതാണ് വാസന അപ്പോ നമ്മൾ കെട്ടിയേൽപ്പിക്കുന്ന വിവേകം മറ്റുള്ളവർ പറഞ്ഞുകൊടുക്കുന്ന വിവേകം അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതിനേക്കാൾ പ്രബലമാണ് ഗൗരുവിന്റെ വാസ പിന്നെ ശരിക്കും അവന്റെ ഉള്ളിലൊരു വിവേകവും ഉണ്ടാവുകയെങ്കിൽ ശരി പലരും പറയും ഞാൻ നന്നാവണമെങ്കിൽ എനിക്ക് തോന്നണം എനിക്ക് തോന്നണ്ടേ ഇന്നത്തെ കുട്ടികളെല്ലാം പറയുന്നു നിങ്ങൾ ഉപദേശിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കും അറിയണം പക്ഷെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും എൻ്റെ ഉള്ളിൽ തോന്നണം ഇതാണ് ഇന്നത്തെ തലമുറയുടെ കാഴ്ചപ്പാട് എന്നുവെച്ചാൽ അവൻ അംഗീകരിക്കുന്ന അവൻ്റെ ഉള്ളിൽ വരുന്ന വെളിച്ചത്തെയാണ് മറ്റുള്ളവർ ഉത്ബോധിപ്പിക്കുന്ന വെളിച്ചത്തെയാണ് അതിനേക്കാൾ പ്രാധാന്യം ഇല്ല ചിലപ്പോൾ അത് സഹായിച്ചെന്ന് വരുന്നു നമ്മളൊരാളെ നിരന്തരം ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നാൽ ചിലരെ സഹായിച്ചൊന്നിരിക്കും അതാണ് കൗൺസിലിങ്ങിനും മറ്റു സംബന്ധിക്കും തെറാപ്പിയതും മറ്റു സംഭവിച്ചു ചെറുപ്പം അവരത് സ്വാധീനിച്ചു ഇല്ലെന്ന് പറയും പക്ഷെ സ്വാധീനിക്കാന്ന് പറഞ്ഞാൽ എന്താണ് അവന്റെ ഉള്ളിലും ആ വെളിച്ചം പറഞ്ഞു സ്വയം അവന്റെ ഉള്ളിൽ വിവേകം ഉണ്ടാവുന്നു അതിനാണ് എന്തൊക്കെ നിങ്ങൾ ചെയ്താൽ അവന്റെ ഉള്ളിലും ഉണ്ടാവുന്നു അവനീ ചട്ടപ്പടിപ്പിക്കുന്ന ആനയെ പോലെയും അവന്റെ ഉള്ളിൽ ആ വിവേകം ഉണ്ടായിരുന്നെങ്കിലും ഏത് സമയം പാപ്പാനെ കൊല്ലാം ഒരു നിമിഷം ഈ എല്ലാ ചട്ടങ്ങളും അവൻ മറക്കുന്നു അപ്പൊ ആത്യന്തികമായി വിവേകമുള്ളിൽ വരുന്നു ആ വിവേകം ഉണ്ടാകുന്നതിനീ പറയുന്നത് എല്ലാം സഹായിക്കാം സഹായിക്കാതിരിക്കാം രണ്ട് സഹായിക്കുന്ന ഞാൻ നല്ല സമൂഹത്തെ ബോധവൽക്കരിയ്ക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ടെന്ന് അതിലൂടെ ബോധവൽക്കരണം നടക്കുന്നുണ്ടെന്ന് ഈ ബോധവൽക്കരണമെന്ന് പറയുന്നത് ബോധവൽക്കരിക്കുന്നവന്റെ മനസ്സിലുണ്ടായാൽ പോരാ ബോധവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തിന്റെ മനസ്സിലുണ്ടാവും എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് താല്പര്യം അത് അസാധ്യമായ കാര്യം എന്നാണ് പറയുന്നത് പക്ഷെ അതവിടെ സംഭവിക്കണം കാരണം എന്താണ് ഈ ബോധവൽക്കരണമെന്ന് പറയുന്ന പരിപാടി നമ്മളിപ്പോ തുടങ്ങിയത് നമ്മുടെ വാസനകൾ എന്ന് പറയുന്ന കോടിക്കിടക്കിന് വർഷങ്ങളായി നമ്മൾ ജയിലൂടെ കൈമാറി വന്നാണ് ആ തിരിച്ചറിവടെ നമുക്ക് വേണം അല്ലാതെ ഇന്നലെ ഇന്നും ഉണ്ടായി അത് ഒരുപാട് തലമുറകളിലൂടെ നമുക്ക് കൈമാറി കിട്ടിയ അത് ആദിമമാണ് സംഭവിച്ചത് അതുകൊണ്ടതൊരു ശക്തി കുറച്ച് കൂടുതലാണ് എന്നാലും മനുഷ്യൻ വിവേകത്തെ ആർജിച്ച് അതിന് ജീവിക്കാൻ ശ്രമിക്കുന്നു കാരണം അങ്ങനെ ഒരു ശേഷി മനുഷ്യനുണ്ട് മറ്റ് മൃഗങ്ങൾക്കതി മനുഷ്യനുണ്ട് വേറൊരു ജീവിക്കും അങ്ങനെ ഒരു ശേഷിയില്ല മനുഷ്യന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വിവേകത്തെ ആർജിച്ച് വാസനയെ ജയിക്കുന്നതിനുള്ള സമയം അങ്ങനെ വിവേകത്തെ ആർജിച്ച് വാസനയെ ജയിക്കാൻ ശ്രമിക്കുമ്പോ ചിലർക്ക് വിജയിക്കും ചിലർക്ക് പരാജയപ്പെടും പിന്നെ പരാജയമില്ലാത്ത വിജയം ഈ വിഷയത്തിലില്ല അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് വിജയം മാത്രം അങ്ങനെ ഒന്നില്ല അത് അത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണെന്ന് ഏത് രംഗത്തിലോ നോക്കുക ഒരാൾ വിജയിക്കുന്നുണ്ടെങ്കിൽ പരാജയങ്ങൾ സംഭവിക്കും ഇവിടെ അതുതന്നെ സംഭവിക്കും കുറെ പരാജയങ്ങളിൽ കൂടെ വിജയം അപ്പോ ജീവിതം തിരിഞ്ഞു പോകുമ്പോൾ അവിടെ കുറച്ച് പരാജയങ്ങളെന്താണെന്നും കുറെ വിജയങ്ങളെന്താണു നിങ്ങൾ വിശുദ്ധൻ എന്ന് പറയണമെങ്കിൽ രണ്ടും കൂടെ ചേർത്താണെങ്കിലും ഓക്കെ എന്താണ് പരാജയങ്ങളെയും വിജയങ്ങളെയും അംഗീകരിച്ചുകൊണ്ടാണ് പറയുക വിശുദ്ധി എന്ന് പറഞ്ഞാൽ ചെയ്യും അപ്പൊ വിശുദ്ധി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് പുരോഗതിന്റെ അർത്ഥം അല്ല പരാജയങ്ങളില്ലാത്ത വിജയം അങ്ങനെ ഒന്നുമില്ല ഉണ്ടാവാത്ത അതാണ് ഈ പറയുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അനാവശ്യമായ കുറ്റബോധങ്ങളോ ഭയമോ അതൊന്നും കാര്യം അതും ഈ പ്രക്രിയയിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ് വിജയം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ അതിൽ ആത്മവിശ്വാസവും വേണ്ട നാളെ വീണ്ടും പരാജയം നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അപ്പോ ഇതൊരു പരീക്ഷണശാലയാണ് ഇതിലിതെല്ലാം മാറി മാറി സംഭവിച്ചുകൊണ്ടേ ഇത് ഇതിൽ ആത്യന്തികമായി ഒന്നേ ഉള്ളൂ എന്താണെന്ന് ഇത് പ്രോഗ്രസീവായി ഇന്ത്യ എന്ന് പറയുന്നത് അത്രയും നമുക്കിനീ പ്രതീക്ഷിക്കാൻ പറ്റും പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ അതിലൊരു അർത്ഥമുണ്ടല്ലോ എന്താണോ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയോ അതിനകത്ത് ന്യൂനതകളെല്ലാം സംഭവിക്കും അതാണ് ആത്മീയ ജീവിതം എന്ന് പറയും അപ്പോൾ അതിനെക്കുറിച്ചുള്ള ശരിയായ ബോധമുണ്ടെങ്കിൽ തന്നെ അവിടെ പശ്ചാത്തലിക്കേണ്ട കാര്യങ്ങളൊക്കെ ഭയപ്പെടേണ്ട കാര്യങ്ങൾ ഡിപ്രഷനിലേക്ക് മനുഷ്യൻ പോകത്തില്ല അതിനൊരു മുന്നറിയിപ്പാണ് ഇവിടെ തരുന്നത് എന്താണ് എല്ലാം അനുഭാവതി വാസന പക്ഷെ ജീവിതത്തിലേക്ക് വരികയും ജീവിതത്തിൽ ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ട് പൂർണമായും വാസനയ്ക്ക് കീഴ്പെട്ടി ജീവിക്കുന്നു ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയാത്തത് സംഭവിച്ചു നിൽക്കുകയാണ് എന്നു വിചാരിച്ച് ജീവിതത്തിൽ സംഭവിക്കുന്നതിനെയെല്ലാം ന്യായീകരിക്കുന്നതിനുള്ള ഒരു കുറുക്ക് വഴിയായി അതിനെ സ്വീകരിക്കാനും ഒഴിവാക്കാൻ കഴിയാത്ത കാര്യങ്ങളിലും സംഭവിക്കുന്ന എന്ത് സംഭവിച്ചാലും അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഈ ന്യായത്തെ ഉപയോഗിക്കാനും പാടി എന്തുകൊണ്ട് മനുഷ്യന് വിവേകം ആർജിക്കണം അപ്പോ ഈ വാസനയുടെ പിടിയിൽ നിന്ന് കൂതറി മാറണം ഒരാൾ അതിനുള്ള പക്വത ആർജിക്കുന്നത് അതിൻ്റെ ഒരുതരം പക്വത എന്ന് പറയണം അത് ജീവിത പക്വത എന്ന് പറയുന്ന എപ്പോഴും എന്താണ് ജീവിതാനുഭവങ്ങളിലൂടെ സമ്പാദിക്കുന്നത് പുറമേ നിന്ന് ആർജിക്കുന്ന എന്താണ് അറിവിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉപദേശത്തിലൂടെയോ കിട്ടുന്ന ഒരു കാര്യം പക്വത അത് ജീവിതാനുഭവത്തിലൂടെ നമ്മൾ സ്വരുക്കൂട്ടിയെടുക്കുന്നതാണ് സ്വരൂപിക്കുന്ന ഒന്നാണ് പക്വത ആ പക്വതയിലൂടെയാണ് ഒരാള് യുവാസനയിൽ ഉൾപ്പെടാതെ ജീവിക്കാൻ പഠിക്കുന്നത് ജീവിതത്തിന്റെ ഒരു പാകതയാണ് അതാ ഞാൻ നേരത്തെ ഉപദേശം കൊണ്ട് മാത്രം സാധിക്കുന്നതാണ് അതെന്തുകൊണ്ട് സാധിക്കുന്നില്ല ഉപദേശം കൊണ്ട് കാരണം ഉപദേശിക്കുന്നവനും ബോധ്യമുണ്ടായി വിവേകമുണ്ടെങ്കിൽ എന്താണ് ഉപദേശിക്കുന്ന തന്റെ ജീവിതവും ഇങ്ങനെയൊക്കെ തന്നെയാവും അത് ഉപദേശിക്കുന്നവനും ബോധ്യം വേണം എന്താണ് നമ്മൾ മറ്റുള്ളവരെ പോയി ഉപദേശിക്കുമ്പോ നമുക്ക് ബോധ്യം വേണം എന്താണ് നമ്മുടെ ജീവിതവും എങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പോ അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ മനസ്സിലാക്കിയൊരാൾക്ക് മറ്റുള്ളവർക്കിത് മാർഗനിർദ്ദേശം ചെയ്യാൻ അതുകൊണ്ടിവിടെ എന്താണ് ഇനിയും പറയും വാസനയ്ക്ക് വീഴ്പ്പെടരുത് വാസനയ്ക്ക് ഒപ്പം ജീവിക്കരുത് വാസനയെ ഒഴിവാക്കേണ്ടിടത്ത് ഒഴിവാക്കി എന്താണ് വളരെ വ്യവസ്ഥാപിതമായൊരു ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ വ്യവസ്ഥ ഉണ്ടാക്കി ഇനി പോകണം അതിൽ ഉറച്ചെ നിൽക്കാൻ ശ്രമിക്കുക അതിനെ സ്വാധീനമാക്കി വെക്കാൻ സ്വന്തം ജീവിതത്തെ തനിക്ക് സ്വാധീനമാക്കി വെക്കാൻ ശ്രമിക്കുക എന്നേ പറയാൻ പറ്റില്ല അതാണ് നമ്മൾ പറയുന്നത് നാൻ ഭഗവതി വാസന ബാലചാപനം ഉത്സൃജ്യ പൂർണ്ണമേഹ വിരാജത്തെ ബാക്കി സംഭവിക്കുന്ന എല്ലാ വീഴ്ചകളും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പോരായ്മകൾ സംഭവിക്കുന്നു അതെല്ലാം എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ചപ്പലതകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരം ബാലചാബല്യങ്ങൾ ഈ ബാലചാബല്യത്തിൻ്റെ പ്രത്യേകത ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ വിവേകം ഉറച്ചിട്ടില്ല അതിന്റെ ബുദ്ധി ഉറച്ചിട്ടില്ല അതുകൊണ്ട് അതിന്റെ മനസ്സിന് സഫലമായ ചിന്തകളായാലും എന്ന് വെച്ചാൽ പൂർവാപര ബന്ധമില്ലാത്ത ശരി തെറ്റ് അങ്ങനെയുള്ള ഒരു ചിന്തയില്ലാത്ത ചിന്തകളായി പ്രവൃത്തിയത് പോലെയായിരുന്നു ഇപ്പൊ ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് ഒരു ബന്ധവുമാണ് എൻ്റെ അടുത്ത് ഓരോ നിമിഷം ചിരിക്കുകയാണെങ്കിൽ അടുത്ത നിമിഷം കരയാണ് അതിന് പ്രത്യേകിച്ച് കാരണവും എന്തിനാ ചിരിക്കുന്ന എന്താണോ കരയുന്നത് നമ്മൾ നോക്കിയാൽ ഒരുപടിയും കിട്ടത്തില്ല കാരണം അവിടെ ലോജിക് എന്ന് പറയുന്ന പ്രവർത്തിക്കത്തില്ല ഒന്നും യുക്തിസഹമായിരിക്കത്തില്ല കോമൺ സെൻസ് പ്രവർത്തിക്കത്തില്ല അതാണ് ബാലചാബന്യ എന്നാ അടങ്ങിയിരിക്കും ഒരു നിമിഷം അടങ്ങിയിരിക്കത്തില്ല എപ്പോഴും ആക്റ്റീവായി ഒരുപാട് ആക്റ്റീവ് ആയിരിക്കുന്ന മനുഷ്യരെ നോക്കുക മറ്റുള്ളവരെ നോക്കുന്നത് നമ്മളൊക്കെ നോക്കിയാണേ നമ്മൾ ചാവല്യം വളരെ കൂടുതലായി വേണ്ടുന്നതും വേണ്ടാത്തതും ഒക്കെ ചെയ്തും ആവശ്യം എല്ലാം ചെയ്താൽ പോകുന്നു കരിമ്പിക്കാ കരിമ്പിൻ കാട്ടിയൊക്കെ ആനയിൽ പോയി അത് തിന്നാൻ വേണ്ടിയാണ് കേറുന്നത് പിന്നെയോ എല്ലാം ചവിട്ടി ഓടിച്ച് നശിപ്പിച്ചു കുറച്ചൊക്കെ തിന്നും കുറെയൊക്കെ നശിപ്പിക്കും എന്തിനാ നശിപ്പിക്കുന്നതിന് തിന്നാ പോരെ നമ്മള് ചിന്തിച്ചിട്ട് കാര്യമാണ് അത് ചപ്പലമായ ജീവിയാണ് അതിനെക്കണോമിക്സ് ഒന്നും അറിയത്തില്ല അത് നശിപ്പിച്ച നാളെ എൻ്റെ ഭക്ഷണമില്ലാതാവും അങ്ങനെ ചിന്തിക്കും അത് ചപ്പല ജീവിയാണ് ഒരുപാട് ആക്റ്റീവായിരിക്കുന്ന മനുഷ്യർ അങ്ങനെയാണ് വേണ്ടതും ചെയ്യും വേണ്ടാത്തും ചെയ്യും അങ്ങനെ ചെയ്തു ലാഭമുണ്ടാകും നഷ്ടമുണ്ടാകും എല്ലാം അപ്പോൾ വിവേകപൂർവ്വം ആവശ്യമുള്ളത് പ്രവർത്തിക്കുക ആവശ്യമില്ലാത്തത് ഒഴിവാക്കാതാണ് ബാലജാപനം ഉസ്തൃജ്യമൂടെ ചാഫല്യങ്ങളെന്ന് പറയുന്ന വാസനക്ക് പ്രേരിതമായി ചെയ്യുന്ന പ്രവൃത്തികളാണ് കുട്ടികളെങ്ങനെയാണ് അവരുടെ ഉള്ളിലുണ്ടല്ലോ ആ വാസന ജന്മജന്മങ്ങളായി വന്ന വാസന ആ വാസനയ്ക്കനുസരിച്ച് അവൻ പ്രവർത്തിക്കുകയാണ് അവനറിയില്ല എന്തുകൊണ്ടാണ് ചെയ്ത് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള ബുദ്ധിയുടെ വളർച്ച ഉണ്ടായിരുന്നു പക്ഷെ അതങ്ങനെ പ്രവർത്തിക്കും ഒരു വിശദീകരണം കൊടുക്കാൻ പറ്റില്ല ആർക്കും അപ്പൊ ഒരുപാട് ആക്റ്റീവായിരിക്കുന്ന വ്യക്തികൾ നമുക്ക് അവരെന്തൊക്കെയോ പ്രവർത്തിക്കും ശരീരത്തിലെ പ്രവർത്തനം ഇവിടെ ഉദ്ദേശിക്കുന്ന ആത്മീയമായ ജീവിതം നയിക്കുന്നവരല്ലേ അല്ലാത്തവരല്ല അല്ലാതെ ഭൗതികമായി എന്താണോ അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ പ്രവർത്തിച്ച് വിജയിക്കുന്നുണ്ട് അത് അവരുടെ ഓരോ നിമിഷത്തിനും അവർ വിലയിടുന്നു ആ നിമിഷത്തെ അവരുടെ പ്രവൃത്തി അവർ പരമാവധി ഫലപ്രദമായി ഉപയോഗിക്കാൻ ശ്രമിക്കും അവരുടെ നേട്ടം ഭൗതികമായ നേട്ടമാണ് ഭൗതികമായ നേട്ടത്തിനുവേണ്ടി അവർ ഒരു നിമിഷവും കളയാതെ പ്രവർത്തിക്കുന്നു നേടുന്നു പരാജയം സംഭവിക്കുന്നു എന്നാലും അവരെ സംബന്ധിച്ച് നേടുന്നതൊക്കെ വളരെ അത്തരക്കാരുദ്ദേശം ഇവിടെ പറയുന്നത് എന്താണ് ആത്മീയ ബോധത്തിൽ ജീവിക്കുന്നവരാണ് അവരും ഒരുപാട് ചഫല പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു എവിടെയാണോ ചാബല്യം കാണുന്നത് അപ്പം മനസ്സിലാക്കുക അത് വാസനമാണ് എവിടെയാണോ ചാബല്യം ഇല്ലാത്തത് എന്ന് വെച്ച ആവശ്യമുള്ളത് തെരഞ്ഞെടുത്ത് വേണ്ടത് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അതിന്റെ പിന്നിൽ അവന്റെ വിവേകമാണ് നമ്മളിത് തന്നെ വേറെ ആദ്യം നോക്കേണ്ട കാര്യം നമ്മളിത് രണ്ടുമുണ്ട് അതുകൊണ്ട് ഈ വാസനെ വാസന കൊണ്ടുണ്ടാകുന്ന പ്രവൃത്തികളെ ഉപേക്ഷിക്കുന്നതിനാണ് പറയുന്നത് ബാലചാപനം ഉസൃതിയാണ് ബാലചാപനത്തെ ഉപേക്ഷിച്ചിട്ട് പൂർണ്ണമേവ വിരാജത്തെ അവൻ അവിടെ പൂർണ്ണത എന്ന് പറയുന്നത് എന്താണ് അവന്റെ അറിവിന്റെ ആ പൂർണ്ണതയാണ് ഇതിനെക്കുറിച്ചുള്ളവന്റെ വ്യക്തമായ കാഴ്ചപ്പാട് ശരിയായ ധാരണയിൽ അവൻ ജീവിക്കുന്നു അതിനാണ്ട് ഇവിടെ പറയുന്നത് ജീവൻ മുക്തി പറയുന്നു അടുത്ത് പറയുന്നവനെ കുറിച്ച്